അള്ളാഹുസുബഹാനഹൂവറ്റ ആല രാത്രിയെ പകലിലേക്ക് പ്രവേശിപ്പിക്കുന്നതായും പകലിനെ രാത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നതായും സൂര്യനെയും ചന്ദ്രനെയും നിശ്ചയിക്കപ്പെട്ട ഒരു കാലാവധി വരെ സഞ്ചരിക്കാൻ നിയോഗിച്ചതായും നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹുസുബഹാനഹൂവറ്റ ആല സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു